വചനത്തിന്റെ കാതൽ സാധാരണ ജീവിതത്തിൽ സൂക്ഷിക്കുന്നതിനായി ഒരു ഓർമ്മപ്പെടുത്തൽ അവതരണം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ റവറൻ ഫാദർ ഡേവിസ് ചർമൽ ലോക്കാട് സമയം ഏഴാമത്തെ വചനം ഒരു ശതാധിപന്റെ അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കണോ അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മതി എന്റെ വൃത്യം സുഖം പ്രാപിക്കും കേട്ടവശ കർത്താവിന്റെ ഉള്ളിലുണ്ടില്ല ആ മനുഷ്യനെ നോക്കിയിട്ടൊരു വാക്ക പറഞ്ഞു ഡോ ദൈവത്തെ അറിഞ്ഞവൻ ചുറ്റാൾക്കാരുടെ എന്തുട്ട് നിങ്ങൾ ഇങ്ങനെ പിന്നാലെ നടക്കണേ ഇസ്രായേലോ ഒരുവിൽ പോലും ഇത് ഞാൻ കണ്ടിട്ടില്ല ആ ശതാദിപൻ്റെ വാക്കുകൾ അതായത് നിന്റെ അടുത്തു വരാൻ യോഗ്യത എനിക്കില്ല അത് സ്വന്തം അവസ്ഥ രണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശു പറയുന്നു ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി എൻ്റെ പ്രത്യേക പ്രാപിക്കും ഇങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്ത്യാനി ക്രിസ്തു ശിഷ്യൻ നമ്മളിങ്ങനെ വിശ്വസിക്കുന്നില്ല എന്തുണ്ടായി എന്നിട്ട് ആ വിശ്വാസം കൃത്യമായിട്ട് ജീവനിലേക്ക് തിരിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ ജീവിതം ഞാൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക ദൈവമേ നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ചുങ്കക്കാരൻ പറഞ്ഞതുപോലെ ഈ ശതാധിപനും പറയുന്നു അതുകൊണ്ട് ഞാൻ വലിയ ആളാണ് ഇവിടുത്തെ വല്യ കുരിശ് വളിക്ക് സ്ഥലം കൊടുത്താണട്ടെ ആ സ്വർണ്ണം കുരിശ്ശാരെന്ന് വിചാരിക്കണേ എൻ്റെ അപ്പാ മരിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടാണ് കേട്ടേ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് പള്ളിയിൽ വന്നിട്ട് നീ പ്രാർത്ഥിക്കണേ അമ്മയുടെ കർഭപാത്രത്തിൽ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു പുഴുപോലെ പേ പേ പേ പേ എന്ന് അറിഞ്ഞത് ആളാണോ വലുതായി ഇപ്പം കൈ കാലും മൂക്കും കണ്ണൊക്കെ വെച്ച് ചക്കം വലുതായി അപ്പളക്ക് എന്താ പറച്ചില് ദൈവം തന്നതല്ലാതെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ അതുകൊണ്ട് നമ്മുടെ നിസ്സഹായവസ്ഥ ദൈവത്തിൽ ആദ്യം പറയുന്നു അതാണ് പ്രാർത്ഥന അതാണ് ആത്മീയത ഞാൻ യോഗ്യതയില്ല അതല്ലേ അഗസ്റ്റിനോസൊക്കെ പറഞ്ഞത് ദൈവമേ നിന്നെ അറിയാം ഞാൻ വൈകിപ്പോയി എനിക്കറിയില്ലായിരുന്നു നീ ആരാണെന്ന് ഞാൻ എത്രയോ പാപിയാണെന്ന് പറയുന്നു എനിക്കത് യോഗ്യതയില്ല അതൊക്കെയാണ് ഈ ഫ്രാഞ്ചൈസീസിടെ കാര്യം ആലോചിച്ചാൽ ഫ്രാഞ്ചൈസീസ് പറയുന്നത് എനിക്ക് അച്ഛനാവാൻ യോഗ്യതയില്ല ഫ്രാഞ്ചൈസിക്ക് യോഗ്യതയില്ലെന്നു അതാദ്യത്തൊരാവശ്യം രണ്ടാമത്തത് എന്താ ഒരു വാക്കങ്ങടെ പറഞ്ഞാൽ മതി എൻ്റെ വൃത്യൻ സുഖം പ്രാപിക്കുന്നു കണ്ട ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം തപ്പി നോക്കിയാൽ അറ്റത്തില്ല പൂർണ്ണ വിശ്വാസമാണ് ആ പൂർണ്ണ വിശ്വാസമാണ് ജീവിതം ആ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥതാണ് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പറയുന്നതൊക്കെ ഒരു തോന്നലാണ് ബോധ്യായിട്ടില്ല അപ്പോൾ ഈ ശതാധിപൻ്റെ വാക്ക് കിട്ടപ്പോൾ കർത്താവ് കർത്താവ് അയാളുടെ വാക്കുകൾ കർത്താവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ശ്രദ്ധിക്കേണ്ടത് ിക്കുമ്പോ ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ അത് തൊടണം അത് തൊട്ടു ശതാദിപന്റെ വാക്ക് കേട്ടപ്പോൾ ഈശോയുടെ ഹൃദയം ത്രസിച്ചു എന്നാ പറയണേ എന്താ കാരണം അത്രമാത്രം യേശുവിനെ പൂർണമായിട്ട് വിശ്വസിച്ചു ഒരല്പം പോലും വിശ്വാസമില്ല അപ്പൊ അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളാലോചിക്കും ആകാശം ഭൂമിയും ബുദ്ധിയും അറിവും സർവ്വതിനെയും അതിശയിക്കുന്ന യേശുക്രിസ്തുവിലുള്ള മരണത്തിനും ജീവിതത്തിനും അപ്പുറത്തെ ആഴങ്ങളിലേക്ക് തൊടുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ തമ്പുരന അത്ഭുതങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് പ്രവർത്തിക്കുക അങ്ങനെ നടക്കട്ടെട്ടാ ദൈവം അനുഗ്രഹിക്കട്ടെ കാതൽ നമുക്കായി അവതരിപ്പിച്ചത് itni federation of india chairman reverend father davis chermel